ം ഇരുപത്തി ഒന്ന് അതിന് ഈയോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ എന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പീൻ അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ നിൽപ്പീൻ ഞാനും സംസാരിക്കട്ടെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് പരിഹസിക്കാം ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ എന്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ എന്നെ നോക്കി ഭ്രമിച്ചു പോകുവേൻ കൈകൊണ്ട് വായ്പൊത്തിക്കൊള്ളുവീൻ ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു എന്റെ ദേഹത്തിന് വിറയൽ പിടിക്കുന്നു ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്ത് അവരുടെ സന്താനം അവരോടുകൂടെ അവരുടെ മുമ്പിലും അവരുടെ വംശം അവർ കാണുകയും ഉറച്ചു നിൽക്കുന്നു അവരുടെ വീടുകൾ യം കൂടാതെ സുഖമായിരിക്കുന്നു ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല അവരുടെ കാള ഇണച്ചേരുന്നു നിഷ്ഫലമാകുന്നില്ല അവരുടെ പശു കിടാവിന് കരു അഴിയുന്നതുമില്ല അവർ കുഞ്ഞുങ്ങളെ ആട്ടിൻകൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു അവരുടെ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു അവർ തപ്പോടും കിന്നരത്തോടും കൂടെ പാടുന്നു കുഴലിന്റെ നാദത്തിങ്കൽ സന്തോഷിക്കുന്നു അവർ സുഖമായി നാൾകഴിക്കുന്നു മാത്രകൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാം നിന്റെ വഴികളെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവനാർ അവനോട് പ്രാർത്ഥിച്ചാൽ എന്തു പ്രയോജനം എന്നു പറയുന്നു എന്നാൽ അവരുടെ ഭാഗ്യം അവർക്ക് കൈവശമല്ല ദുഷ്ടന്മാരുടെ ആലോചന എന്നോടകന്നിരിക്കുന്നു ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകുന്നതും അവർക്ക് ആപത്തു വരുന്നതും ദൈവം കോപത്തിൽ കഷ്ടങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നതും എത്ര പ്രാവശ്യം അവർ കാറ്റിനു മുമ്പിൽ താളടി പോലെയും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയുമാകുന്നു ദൈവം അവന്റെ അകൃത്യം അവന്റെ മക്കൾക്കായി സംഗ്രഹിച്ചു വയ്ക്കുന്നു അവനത് അനുഭവിക്കേണ്ടതിന് അവന് തന്നെ പകരം കൊടുക്കട്ടെ അവന്റെ സ്വന്തം കണ്ണ് അവന്റെ നാശം കാണട്ടെ അവൻ തന്നെ സർവശക്തന്റെ ക്രോധം കുടിക്കട്ടെ അവന്റെ മാസങ്ങളുടെ സംഖ്യ അറ്റുപോയാൽ തന്റെ ശേഷം തന്റെ ഭവനത്തോട് അവൻ എന്ത് താൽപ്പര്യം ആരെങ്കിലും ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുമോ അവൻ ഉന്നതന്മാരെ ന്യായം വിധിക്കുന്നുവല്ലോ ഒരുത്തൻ കേവലം സ്വൈര്യവും സ്വസ്ഥതയും ഉള്ളവനായി തന്റെ പൂർണ്ണക്ഷേമത്തിൽ മരിക്കുന്നു അവന്റെ തൊട്ടികൾ പാലുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവന്റെ അസ്ഥികളിലെ മജ്ജ ിരിക്കുന്നു മറ്റൊരുത്തൻ മനോവ്യസനത്തോടെ മരിക്കുന്നു നന്മയൊന്നും അനുഭവിപ്പാൻ ഇടവരുന്നതുമില്ല അവർ ഒരുപോലെ പൊടിയിൽ കിടക്കുന്നു കൃമി അവരെ മൂടുന്നു ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെയും നിങ്ങൾ എന്റെ നേരെ നിരൂപിക്കുന്ന ഉപായങ്ങളെയും അറിയുന്നു പ്രഭുവിന്റെ ഭവനം എവിടെ ദുഷ്ടന്മാർ പാർത്ത കൂടാരം എവിടെ എന്നല്ലോ നിങ്ങൾ പറയുന്നത് വഴിപോക്കരോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ അവരുടെ അടയാളങ്ങളെ അറിയുന്നില്ലയോ അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞുപോകുന്നു ക്രോധദിവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നു അവന്റെ നടപ്പിനെ കുറിച്ച് ആർ അവന്റെ മുഖത്തു പറയും അവൻ ചെയ്തതിന് തക്കവണ്ണം ആറവന് പകരം വീട്ടും എന്നാലും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു അവൻ കല്ലറയ്ക്കൽ കാവൽ നിൽക്കുന്നു താഴ്വരയിലെ കട്ട അവന് മധുരമായിരിക്കും അവന്റെ പിന്നാലെ സകല മനുഷ്യരും ചെല്ലും അവനു മുമ്പേ പോയവർക്ക് എണ്ണമില്ല നിങ്ങൾ വൃദ്ധ എന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ഉത്തരങ്ങളിൽ കപടം ഉണ്ടല്ലോ